നേതാക്കളെ ജമാത്തിന്റെ കർമ്മധീരായ പ്രവർത്തകരായ എന്റെ ജ്യേഷ്ഠാന്തന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എല്ലാറ്റിനും ഒരു അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നു കാന്തപുരം ഏതുവരെ ഏതുവരെ എന്നെല്ലാവരും ചോദിക്കുമായിരുന്നു കാന്തപുരമെന്ന ഭീമൻ കേരളത്തിന്റെ മണ്ണിൽ കടപുഴകി വീണുകൊണ്ടിരിക്കുന്ന ദയനീയമായ ദൃശ്യത്തിലാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കാന്തപുരത്തിൻ്റെ ആളുകൾ മാറിക്കോ രക്ഷ പ്രാപിക്കണമെങ്കിൽ ശരീരത്തിലൂടെ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിഭാഗത്തിൽ തന്നെയുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ നമ്മുടെ മുടി വിശദീകരണത്തിന് മറുപടിയുമായി ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു അവരെന്തേ അപ്രത്യക്ഷമായത് അവരെ മറുപടി പറയാത്തത് ഇന്നതാ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവർ വെളിപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാം നമ്മൾ ബോംബെയിൽ ജാലിയാവാലയെ കണ്ട് കൂടുതൽ കാശ് അവർ പതിനെട്ട് മുടി കൊണ്ടുവന്ന് പൊന്മളയുടെ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ച് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ കാണാൻ പോവുകയാണ് അർത്ഥഗർഭമായ മൗനത്തിന്റെ കാരണം അതാണ് ഞാനൊറ്റക്കാരൻ ചോദിക്കട്ടെ ഇത്ര വലിയ വിശദീകരണ സമ്മേളനം തെളിവുകൾ സഹിതം നിങ്ങൾക്ക് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ് ഇനി നമ്മൾ നാട് നിവാൾ തോറും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും വിശദീകരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണ് കാന്തപുരത്തിന്റെ ആണട്ടമുള്ള ഏതെങ്കിലും ഒരാൾ ഇതിന് മറുപടി പറയാൻ എവിടെയെങ്കിലും തയ്യാറാകുമോ ഒരാളും തയ്യാറാക്കില്ല ഞങ്ങൾക്കറിയാം കാന്തപുരത്തിന്റെ കൂടാരത്തിലെ ഒരാളും ഇന്നും മുടിക്ക് അനുമതി നൽകുന്നവർ ഇല്ല ി വിടണോ വിടണ്ടേ എന്ന തീരുമാനം വിടരുത് നിങ്ങൾ നിങ്ങൾ ഗ്രൂപ്പുകളായി തിരിയരുത് നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതായിരിക്കും നിങ്ങൾ നിശ്ചയം നിങ്ങൾ ഗ്രൂപ്പുകളായി മാറുന്നത് ഒരുമിച്ച് നിന്ന് തമ്മിൽ തല്ലിൽ തുടരട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ അഭിപന്ധനായ സഹപ്രവർത്തകൻ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സത്താർ അഭിപ്രായം പ്രകടിപ്പിച്ചു കാന്തപുരം കേരളം വിടണമെന്ന് ഞാനതിന് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഈ വിശുദ്ധമായ കേശം സൂക്ഷിക്കാനായി നാൽപ്പത്തിരണ്ട് കോടി രൂപ ആണ് പിരിച്ചെടുത്തു നമ്മുടെ കൈവശം തെളിവുകളുണ്ട് അവർ പിരിച്ചിട്ടില്ല പറയുന്നത് വീഡിയോസ് വീടി നമ്മുടെ കൈവശമുണ്ട് പത്രവാർത്തകൾ നമ്മുടെ കൈവശമുണ്ട് ആ പള്ളിക്ക് നാൽപ്പത്തിരണ്ട് കോടി പിരിച്ചെടുത്തിട്ട് അതിന്റെ തറയിടാൻ അബുദാബിയിൽ നിന്ന് അറബിയിൽ നിന്ന് കാശ് പിരിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് തൃശൂരിൽ നിന്ന് അതിന്റെ മിഹ്റാബിന് വേറെ കാശ് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വവ്വാര കാശ് പിന്നെയും വാങ്ങിയിട്ടുണ്ട് ഏത് ശുദ്ധമായ ഷെയർ മുബാരക്ക് കാണാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് നിന്ന് അറബികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് സുഖവാസത്തിന് കേന്ദ്രങ്ങൾ വേണമെന്ന് പറഞ്ഞു ലക്ഷറി ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി നോർത്ത് സിറ്റി എന്ന പേരിൽ ആദരണീയനായ നമ്മളുടെ തങ്ങളുടെ ഭാഷ കടമെടുത്താൽ ഒരു ചൂഷണ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി കോടാനും രൂപ പാവപ്പെട്ട ആളുകളൊന്നും സമ്പന്നൽ നിന്നും ഷെയറായി ഫസ്റ്റ് ഗഡ് വാങ്ങിവെച്ചിട്ടുണ്ട് ഇയാൾ അങ്ങനെ നാടുവിട്ടാൽ ശരിയാകില്ല ഈ മുടി വ്യാജമാണെന്ന് അവർ പോലും തിരിച്ചറിഞ്ഞു പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കാന്തപുരം തന്റെ മനക്കോട്ട കൊണ്ട് കാന്തപുരവും മകനും കെട്ടിപ്പൊക്കിയ ഈ ചില്ലുകൊട്ടാരത്തിന്റെ ഷെയർ മുബാരക്കിന്റെ മസ്ജിദും ആ ടൗൺഷിപ്പും നിലനിൽക്കാൻ പോകുന്നില്ല തകർന്ന് ചില്ലിലമായി ശില്ല്യമായി നിലപതിക്കാൻ പോവുകയാണ് ഈ കാഷ് മുഴുവൻ തിരിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത് ഈ കാന്തപുരത്തെ കേരളം വിടാൻ ഇന്ത്യ വിടാൻ അനുവദിക്കരുത് എന്നാണ് പറയാനുള്ളത് കാഷികൾ തിരിച്ചു കൊടുക്കട്ടെ കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കാന്തപുരത്തിന്റെ വലങ്കയായ അബ്ദുന്നൂർ കുറ്റിപ്പുറത്ത് നിന്ന് കോടാനുകോടി പാവപ്പെട്ട മാലിന്യങ്ങളിൽ പണ്ഡിതന്മാരിൽ നിന്നും ഒരു ലക്ഷത്തിന് ലാഭമായി ഓരോ മാസവും അയ്യായിരത്തിൻ്റെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കാന്തപുരത്തിന്റെ പിൻബലത്തിൽ നിന്നിരുന്ന ഈ അബ്ദുന്നൂർ കോടികൾ തട്ടിയെടുത്ത് അത് ദുബൈയിലേക്ക് മുന്നേ സുഖലോലായി ദുബൈയിൽ ഈ ഗവൺമെന്റ് അനുമതി കൊടുത്തത് ഇതുപോലെ കാന്തപുരത്ത് നാട്വിടാൻ അനുമതി കൊടുത്താൽ കേരളത്തിൽ പട്ടാളം കയ്യും തും നോക്കി നിൽക്കില്ല എന്ന് മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു കാര്യം തീർച്ചയാണ് അഷ്റഫുൽ ഹൽത്ത് മുത്തു മുഹമ്മദ് മുസ്തഫാഹുസ്വല തങ്ങൾ ഇന്നും ആത്മീയമായി ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണിത് കാന്തപുരം കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തി എന്തൊക്കെ വെട്ടിപ്പുകൾ നടത്തി എന്തൊക്കെ ഹോസ്പിറ്റലുകളുടെ പേരിൽ സിമെന്റ് കമ്പനിയുടെ പേരിൽ എത്ര കോടികൾ തട്ടി അന്നൊന്നും നേരിട്ട് അള്ളാഹു വല്ലാഹും ദുനിയാവിൽ ഇടപെട്ടിട്ടില്ല പക്ഷേ ഹബീബായ മുത്തു മുഹമ്മദ് ആ മുടി വച്ച് ഇതാ ആരാണോ ഈ മുടിക്ക് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ട് ആദരണനായ ഉസ്താദു അസാദീദ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ാഹുറു മാനവൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മൊബൈലില്ലാത്ത ഉസ്താദിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ടെലഫോണിന്റെ പല്ലടി ശബ്ദം കേട്ട് അപ്പുറത്ത് പോയി ലാൻഡ് ഫോൺ എടുത്തി മുടിയെക്കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന റെക്കോർഡ് ചെയ്തുകൊണ്ട് പാവപ്പെട്ട ഉസ്താവുമാരെ നോവിപ്പിച്ച വേദനിപ്പിച്ച അത്തരം തന്നെ ഈ മുടി തിരിച്ചറിഞ്ഞ ചരിത്രകഥ വീഡിയോ സീനിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുന്റെ ഹബീപടും ഹബീപടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാന്തപുരം വിഭാഗം ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണെങ്കിൽ അവർക്ക് ഈ വിശദീകരണത്തിന് മറുപടി നൽകാൻ കഴിയില്ല ത്തിന്റെ മക്കളെ മുന്നോട്ടു പോവുക കാന്തപുരം വിഭാഗം ഈ വ്യാജ മുടിയുടെ മറവിൽ പടുത്തുയർത്താൻ ശ്രമിച്ച ഈ ചില്ല വട്ടാരമുണ്ടല്ലോ ചുറ്റുമുള്ള ഈ ടൗൺഷിപ്പുണ്ടല്ലോ ആ ടൗൺഷിപ്പിന് കാന്തപുരം മാത്രമല്ല ഉത്തരവാദി ആ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനത്തിന് പോയ കേരളത്തിലെ മന്ത്രിമാർ ഈ ജനങ്ങളിൽ നിന്ന് കോടികൾ ഷെയർ മിനിസ്റ്റെടുത്തുകൊണ്ട് ൻ ശ്രമിക്കുന്ന കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുന്ന കാന്തപുരത്തിന്റെ ഈ പ്രവർത്തനത്തിന് മറുപടി പറയേണ്ടി വരും സരിതയുടെ മുമ്പിൽ യു ഗവൺമെന്റ് പരാജയപ്പെട്ടുവെങ്കിൽ കാന്തപുരത്തിന്റെ ഷെയർ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതിരുന്നാൽ യു ഡി എഫ് ഗവൺമെന്റിനും പോകാൻ സാധിക്കില്ല എന്ന് സാമൂഹികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് പേരാമിക്കുന്നു നമ്മുടെ ഈ ധർമ്മസമരം ജിഹാദ് ഇനിയും തുടരുക അവസാനം വരെ അള്ളാഹുമാറാകട്ടെ